അള്ളാഹുസുബഹാനഭൂവച്ച ആല ഒരു ഉദാഹരണം നൽകുന്നു പരസ്പരം കലഹിക്കുന്ന പങ്കാളികളുള്ള ഒരു മനുഷ്യനും ഒരു മനുഷ്യനുമാത്രം വിധേയനായ മറ്റൊരു മനുഷ്യനും ഉദാഹരണമായി ഇവർ രണ്ടുപേരും തുല്യരാണോ എല്ലാ സ്തുതിയും അള്ളാഹുസുബഹാനഭൂവച്ച ആലായിക്ക് എന്നാൽ അവരിൽ ഭൂരിഭാഗവും അറിയുന്നില്ല